എന്നാൽ ഹഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകൻ സെഖരിയാവും എന്ന പ്രവാചകന്മാർ യഹൂദയിലും യെരുഷലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രയേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു അങ്ങനെ ഷേൽത്തിയലിന്റെ മകനായ സിരുബാബേലും യോസാദാക്കിന്റെ മകനായ യേശുവയും എഴുന്നേറ്റ് യരുശലമിലെ ദേവാലയം പണിവാൻ തുടങ്ങി ദൈവത്തിന്റെ പ്രവാചകന്മാർ അവരോടുകൂടെ ഇരുന്ന് അവരെ സഹായിച്ചു അക്കാലത്ത് നദിക്കിക്കരയുള്ള ദേശാധിപതിയായ തത്നായി ശെധർ ബോസ്നായി അവരുടെ കൂട്ടക്കാരും അവരുടെ അടുക്കിൽ വന്നവരോട് ഈ ആലയം പണിയാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് ആർ കൽപ്പന തന്നു എന്ന് ചോദിച്ചു ഈ കെട്ടിടം പണിയുന്ന ആളുകളുടെ പേരെന്ത് എന്നും അവരോട് ചോദിച്ചു എന്നാൽ ദൈവം യഹൂദന്മാരുടെ മൂപ്പന്മാരെ കടാക്ഷിച്ചതുകൊണ്ട് ഈ കാര്യം ദര്യാവേശന്റെ സന്നദ്ധിയിൽ ബോധിപ്പിച്ചു മറുപടി വരും വരെ അവർ അവരുടെ പണി മുടക്കിയില്ല നദിക്കീക്കരെ ദേശാധിപതിയായ തത്നായി ശെധർ അഫർസ്യരായ അവന്റെ കൂട്ടക്കാരും ദര്യാവേശ് രാജാവിന് എഴുതി അയച്ച പത്രികയുടെ പകർപ്പ് അവർ അവന് ഒരു പത്രിക കൊടുത്തയച്ചു അതിലെഴുതിയത് എന്തെന്നാൽ ദാരിയാവേശ് രാജാവിന് സർവമംഗലവും ഭവിക്കട്ടെ രാജാവിനെ ബോധിപ്പിപ്പാൻ ഞങ്ങൾ യഹൂദ സംസ്ഥാനത്തിൽ മഹാദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്നു അത് അവർ വലിയ കല്ലുകൊണ്ട് പണിയുന്നു ചുവരിന്മേൽ ഉത്തരം കയറ്റുന്നു അവർ ജാഗ്രതയായി പണി നടത്തുന്നു അവർക്ക് സാധിച്ചും വരുന്നു ഞങ്ങൾ ആ മൂപ്പന്മാരോട് ഈ ആലയം പണിവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് കൽപ്പന തന്നത് ആരെന്ന് ചോദിച്ചു അവരുടെ ഇടയിൽ തലവന്മാരായ ആളുകളുടെ പേരുകളെ എഴുതി സന്നിധാനത്തിൽ അയക്കേണ്ടതിന് ഞങ്ങൾ അവരുടെ പേരും അവരോട് ചോദിച്ചു എന്നാൽ അവർ ഞങ്ങളോട് ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവന്റെ ശുശ്രൂഷക്കാരാകുന്നു ഏറിയ സംവത്സരം മുമ്പേ പണിതിരുന്ന ആലയം ഞങ്ങൾ പണിയുന്നു അത് ഇസ്രയേലിന്റെ ഒരു മഹാരാജാവ് പണിതതായിരുന്നു എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗത്തിലെ ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ട് അവനവരെ ബാബേൽ രാജാവായ നെബുഗതനേസർ എന്ന കൽദന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ ഈ ആലയം നശിപ്പിച്ച് ജനത്തെ ബാബേലിലേക്ക് കൊണ്ടുപോയി എന്നാൽ ബാബേൽ രാജാവായ കോരസിന്റെ ഒന്നാമാണ്ടിൽ കോരസ് രാജാവ് ഈ ദൈവാലയം പണിവാൻ കൽപ്പന തന്നു നെപുഗതനേസർ യെരുഷലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്ത് ബാബേലിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെച്ചിരുന്ന ദൈവാലയം പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളെ കോരശ് രാജാവ് ബാബയിലെ ക്ഷേത്രത്തിൽ എടിപിച്ച് താൻ നിയമിച്ചിരുന്ന ശേഷ് ബസർ എന്ന പേരുള്ള ദേശാധിപതിക്ക് ഏൽപ്പിച്ചുകൊടുത്ത് അവനോട് ഈ ഉപകരണങ്ങൾ നീയെടുത്ത് യെരുശിലേമിലെ മന്ദിരത്തിലേക്ക് കൊണ്ടു ചെല്ലുക അതിന്റെ സ്ഥാനത്ത് പണിയിട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ ശേഷ് ബസർ വന്ന് ദേവാലയത്തിന്റെ അടിസ്ഥാനം ഇട്ടു അന്നുമുതൽ ഇന്നുവരെ അത് പണിതുവരുന്നു ഇതുവരെ അത് തീർന്നിട്ടില്ല എന്നവർ ഉത്തരം പറഞ്ഞിരിക്കുന്നു ആകയാൽ രാജാവ് തിരുമനസ്സായി യെരുശലേമിലെ ഈ ദേവാലയം പണിവാൻ കോരശ് രാജാവ് കൽപ്പന കൊടുത്തത് വാസ്തവമോ എന്ന് ബാബേലിലെ രാജഭണ്ണാരഗ്രഹത്തിൽ ശോധന കഴിച്ച് ഇതിനെക്കുറിച്ച് തിരുവുള്ളമെന്തെന്ന് ഞങ്ങൾക്ക് എഴുതി അയച്ചുതരേണമെന്ന് അപേക്ഷിക്കുന്നു